പറയുക നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക സൃഷ്ടിപ്പ് എങ്ങനെയാണ് ആരംഭിച്ചതെന്ന് നോക്കുക പിന്നീട് അള്ളാഹു സുബഹാനഹൂവറ്റായാല അവസാനത്തെ സൃഷ്ടിപ്പ് നടത്തും തീർച്ചയായും അള്ളാഹു സുബഹാനഹൂവറ്റാല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു